ർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും പുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ഒച്ചെന്നു ഡെമസ്കോസിൽ ഈ മാർഗക്കാരായ വള്ള സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി നിരശല്യമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടത്തെ അവനോട് അധികാരപത്രം വാങ്ങി അവൻ പ്രയാണം ചെയ്ത് ഡെമസ്പോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തുനിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിനി അവൻ നിലത്തു വീണു സ്റ്റൌലേ സ്റ്റൌലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു നീ ആരാകുന്നു കർപ്പാവേ എന്ന് അവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ഞാൻ നീ എഴുന്നേറ്റ പട്ടണത്തിൽ ചെല്ലുക നീ ചെയ്യേണ്ടെന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്നവൻ പറഞ്ഞു അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ും കാണാതെ മരവിച്ച് നിന്നു ഷൌൽ നിലത്തുനിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല അവർ അവനെ കൈക്കുപിടിച്ച് ഡെമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി അവൻ മൂന്ന് ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ഡെമസ്കോസിലുണ്ടായിരുന്നു അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു കർത്താവെ അടിയനിത എന്നവൻ പറഞ്ഞു കർത്താവ് അവനോട് നീ എഴുന്നേറ്റ് നേർവീധി എന്ന പെരുവിൽ ചെന്ന് യൂതയുടെ വീട്ടിൽ തർസ്തോസ്റ്റുകാരനായ കൌൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കാൻ അവൻ അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തുവന്ന് കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അതിന് അനന്യാസ് കർത്താവെ ആ മനുഷ്യൻ എരുറ്റിലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു കൃത്താവനോട് നീ പോകാൻ അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു എന്റെ നാമത്തിനുവേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാനവനെ കാണിക്കും എന്നു പറഞ്ഞു അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്നു അവന്റെ മേൽ കൈവച്ചു നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു കാഴ്ച ലഭിച്ചു അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കിയും ആഹാരം കൈക്കൊണ്ട് ാപിക്കുകയും ചെയ്തു അവൻ ഡെമസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറെനാൾ പാർത്തു യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു കേട്ടവരെല്ലാവരും വിസ്മയിച്ചു എരിസ്ലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ ഇവിടെയും അവരെ പിടിച്ചുകെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകാനല്ലോ വന്നത് എന്ന് പറഞ്ഞു മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ഡെമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി കുറെനാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു സ്റ്റൌൽ അവരുടെ കൂട്ടുകെട്ട് അറിഞ്ഞു അവനെ കൊല്ലുവാൻ അവർ രാവും പകലും നഗരഗോപുരങ്ങളിൽ കാവൽ വച്ചു എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു പൊട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു അവൻ ഏഷ്ടിലെത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു ഭരണബാസോ അവനെ കൂട്ടി അപ്പോസ്കലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ഡെമസ്കോസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു പിന്നെ അവൻ എരുസലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിന്റെ നാമത്തിൽ പ്രാഗൽത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു പോന്നു യനഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ച് തർപ്പിച്ചു അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി സഹോദരന്മാർ അതറിഞ്ഞ് അവനെ കൈച്ചേരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് തർസോസിലേക്ക് അയച്ചു അങ്ങനെ യഹൂദ്യ ജലീല ചമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി അത് ആത്മീക വർദ്ധന പ്രാപിച്ചു കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നു പെരുകിക്കൊണ്ടിരുന്നു പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയും ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു അവിടെ പക്ഷപാതം പിടിച്ച് എട്ട് സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനയാസ് എന്നുപേരുള്ള ഒരു മനുഷ്യനെ കണ്ടു പത്രോസ്തവനോട് ഐനയാസെ യേശു ക്രിസ്തു നിന്ന് സൌഖ്യമാക്കുന്നു എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊഴുക എന്ന് പറഞ്ഞു ഉടനെ അവനെ എഴുന്നേറ്റു ലുദ്ദയിലും ഷാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിംഗിലേക്ക് പിരിഞ്ഞു യോപ്പയിൽ പേതമാൻ എന്നർത്ഥമുള്ള ദ ബീധ എന്നുപേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളികമുറിയിൽ കിടത്തി ലൂത യോപ്പയ്ക്ക് സമീപമാകെയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കളോളം വരേണമെന്ന് അപേക്ഷിപ്പാൻ രണ്ടാളെ അവന്റെ അടുക്കൽ അയച്ചു പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്നു എത്തിയപ്പോൾ അവർ അവനെ കൊണ്ടുപോയി അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ടും കബീഥ തങ്ങളോടു കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവന്റെ ചുറ്റിൽ പത്രോസ് അവരെ ഒക്കെയും പുറത്തിറക്കി മൂട്ടുകുത്തി പ്രാർത്ഥിച്ചു ശവത്തിന്റെ നേരെ തിരിഞ്ഞി കബീഥയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ടു എഴുന്നേറ്റിരുന്നു അവൻ കൈ അവളെ എഴുന്നേൽപ്പിച്ചു വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി ഇത് യോപ്പയിൽ എന്നും പ്രസിദ്ധമായി പലരും കർത്താവിൽ വിശ്വസിച്ചു പിന്നെ അവൻ തോൽക്കൊല്ലനായ ഷിമോൻ എന്ന ഒരുത്തനോടുകൂടെ വളരെനാൾ യോപ്പയിൽ പാർത്തു